അസ്ലാം അലക്കും വാഹന സകർണിയേസ്റ്റ് ഫെഡറേഷൻ്റെ സംസ്ഥാനതന ക്യാമ്പയിൻ സുഹൃതങ്ങളുടെ സമാധാരണത്തിന് എന്ന പ്രമേയമായി ഇന്നിവിടെ ആരംഭിക്കുകയാണ് സമാധരണീയനായ സയ്യദ് മുഹമ്മദ് ജഫ്രിഖ് വൈത്തങ്ങൾ അവരുടെ ഈ ക്യാമ്പയിൻ്റെ ഉദ്ഘാടനത്തിനായി ഇനിയും പൂർവം ക്ഷണിച്ചു കൊള്ളുന്നു അസ്ലാംക്കും വായി വാത്തല്ലാഹില്ല അല്ലധിയിലെ ശേഷോ മിൻ്റു وبكرمات الله تامات التي لا يجاوزن بغو ولا فادحا تمنحها وما لم علم من شفي ما خلقوا وبرأوا وذر بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو السميع العليم الحمد لله رب العالمين صلاه والسلام على سيد المرسلين وعلى اله وصحبه اجمعين اما بعد فاني اوصيكم ايها بتقوى الله أشأد أن لا إله إلا الله وحده بلا شريك لا وأشأد أن محمدًا عبده ورسوله أرسله بدين الحق ليظهره على الدين كله ولو كذي المشركون أما بعد فإني أسيق وإياي بتقوى الله أعوذ بالله سميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم والصابقون الأفضلون من المهادرين والأنصار സമാദരണിയായ അധ്യക്ഷൻ സംസ്ഥാന പ്രസിഡന്റ് ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ മറ്റ് ഈ വേദിയിൽ ഉപവിഷ്ടരായ മഹാന്മാരായ സാധാത്തുക്കൾ എസ് കെ എസ് എഫിൻ്റെ സംസ്ഥാന നേതാക്കൾ മറ്റ് പണ്ഡിതന്മാർ ഈ മഹത്തായ വേദിയിലിവിടെ ഒരുമിച്ചുകൂടിയ പ്രവർത്തകർ ബഹുമാനമുള്ളവരെ വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു പ്രമേയവുമായി സമസ്ത കേരള ജമിയത്തുലമയുടെ പോഷക സംഘടനകളിൽ നിന്ന് ഏറ്റവും ഒരു ഉയർന്ന പോഷക സംഘടന എന്ന് വിശേഷിപ്പിക്കപ്പെടാൻ പറ്റുന്ന ഒന്നാണ് എസ് കെ എസ് എഫ് ആ എസ് കെ ആ മഹത്വമാവുന്ന പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് ഈ വേദിയിൽ വെച്ചുകൊണ്ട് നടത്തപ്പെടുന്നത് നമുക്കറിയാം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുള്ളമ്മ എന്നത് ആ സമസ്ത കേരള ജമീയത്തുള്ളമ്മയുടെ മഹത്വവും ഈ സംഘടനയുടെ പ്രാധാന്യവും ഇതിനെ അതിന്റെ തുടക്കം മുതൽ ഇന്നേ വരെ നയി മനസ്സിലാക്കി മാത്രമല്ല അവരെ ഓരോ വാക്കുകളും ഓരോ ദിവസവും അത് പുലർന്നു പുലർന്നു പുലർന്നുകൊണ്ടേ ഇരിക്കാം ഇപ്പൊ ബഹുമാനപ്പെട്ട കണ്ണിയ തുസ്താണ് അവറുകളുടെ മഹാനായ ഷീഫന കണ്ണിയതുസ്താണ് അവര് ആ പ്രാർത്ഥന പരിക്കാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കണം മുഖം എന്ന് പറഞ്ഞാൽ അബ്വാഹു സുഖത്താര പലരെയും മുഖം കഴിത്തിക്കൊണ്ടിരിക്കണം അത് അവരൊക്കെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവരൊക്കെ വാഴയ്ക്ക് ഇജാബത്ത് നൽകപ്പെടുന്ന മഹത്വക്കളാവുന്ന വ്യക്തിത്വങ്ങളായും യാതൊരു സംശയമില്ല മഹാനാവുന്ന ഇമാം അസാരി തങ്ങൾ സൂചിപ്പിച്ചതുപോലെ പണ്ഡിതന്മാരെ മൂന്ന് തരമായി കൊണ്ട് മഹാനാവുന്ന ഇമാം റസാദി തങ്ങൾ ജീവിച്ചു അതിന് ഏറ്റവും അധികം വിജയികളായി അവകാശപ്പെടാൻ പറ്റുന്ന ഒരു വിഭാഗം ആ വിഭാഗത്തിനെ പറ്റി മഹാനാവുന്ന ഇമാം അസാരി തങ്ങൾ രേഖപ്പെടുത്തുന്നത് ഒരു വിഭാഗം പണ്ഡിതന്മാർ അവർ വിശുദ്ധമാവുന്നതായ ശരീരത്തിന്റെ ഒഴിവുകൾ അവർ പഠിച്ചു എന്തിനു വേണ്ടിയാണ് അവരെ പഠിച്ചത് നീ അത്താദു ഇരന്മാർ ആ വിശുദ്ധമാവുന്ന ഇങ്ങനെ അവരവർ ആഹ്റത്തിലേക്കുള്ളതായ ഒരു സ്വത്തായി കൊണ്ടിട്ട് അവർക്ക് എന്നും സൂക്ഷിക്കപ്പെടാറുണ്ട് ആഹ് റത്തിലേക്കുള്ളതായ ഒരു പ്രത്യേകമാവുന്ന അവരെ ഒരു സൂക്ഷിപ്പിച്ചു ആ നൽകിൽ വിശുദ്ധമായ പഠിച്ച ആ പണ്ഡിതന്മാർ ആ വിശുദ്ധമാവുന്നതായ ഓമ്പുകളെ കൊണ്ട് ഭൗതികമാവുന്ന ഒരു നേട്ടത്തിനും അവർ ഉദ്ദേശിക്കില്ല അങ്ങനത്തെ യഥാർത്ഥത്തിൽ മഹാന്മാരാകുന്ന അമ്പിയാക്കന്മാരുടെ വാരിധ്യങ്ങൾ എന്ന് പറ്റുന്ന പണ്ഡിതന്മാർ ആ വിഭാഗത്തിൽ പൂർണമായും ഉൾക്കൊണ്ടവരായിരുന്നു സമസ്ത കേരള ജമീത്തലയുടെ സ്ഥാപക നേതാക്കന്മാർ മുതൽ ഇന്നേ വരെ സമസ്ത കേരളം കൊടുക്കുന്ന പലരും മാത്രമല്ല നമുക്കറിയാം ബഹുമാനപ്പെട്ട ഷേഫ് ശംഷുവയുടെയും കണ്ണി തുസ്താവിന്റെയൊക്കെ ജീവിത വിശുദ്ധിയും അവരുടെ ജീവിത രീതിയൊക്കെ നമുക്കറിയാം അവരൊക്കെ വിശുദ്ധമാവുന്നതായ ഈ ശനിയാത്തിൻ്റെ ഒഴി ഭൗതികമാവുന്ന ഒരു താല്പര്യത്തിന് അവർ ഉപയോഗപ്പെടുത്തിയില്ല അതുകൊണ്ട് തന്നെയാണ് അവരുടെയൊക്കെ പ്രാർത്ഥനകൾ അവരെന്ത് പ്രാർത്ഥിച്ചാൽ അബ്വാഹുസ് ബട്ടാനുഭവത്തായ അവരെ ദ്വാക്ക് ആ സമയത്ത് തന്നെ അതിന് ഉത്തരം കൊടുക്കും യാതൊരു സംശയമില്ല അങ്ങനെ ഉത്തരം കൊടുത്തിട്ടുണ്ട് ഇത് മഹാന്മാരാകുന്ന അവന്റെ അമ്പിയാകും അബ്വാഹസിന്റെ അവലിയാകുണ്ടാവുന്നതായ ഒരു പ്രത്യേകതയാണ് അവർ അബ്വാഹുസ് ബട്ടാനുഭവത്തായ ആദരിച്ചു കഴിഞ്ഞാൽ അവരെ അവരെ ആ സ്കോട്ടിൽ തന്നെ ഉത്തരം അങ്ങനെ ഉത്തരം കൊടുത്തിട്ടുണ്ട് ഇപ്പൊ റസ്സുൽ സ്വലുബാർ സ്ലമാ തങ്ങൾ തന്നെ പല ദ്വായും വായിരുന്നു അതിൽ ചില ദ്വായകളൊക്കെ ഇപ്പോൾ ഉത്തരം തരണം എന്നുള്ളതൊക്കെ ഞാൻ എനിക്ക് അങ്ങനെ ദ്വായ ചെയ്താണെങ്കിൽ ആ സമയത്ത് ഉത്തരം നൽകും ഇപ്പൊ അബു ജഹൽ ഇങ്ങനെ കുറെ ആളുകൾ റസൂൽ സലുബീസ്സലമാ തങ്ങളെ കളുത്തിൽ കൊട്ടകത്തിന്റെ കുടന്മാരെയൊക്കെ ഇഷ്ടപോലെ റിസോൾ സ്വലമ തങ്ങൾ അവിടെ നിന്ന് അരേ കബി അബി ജഹൽ അങ്ങനെ കുറെ ആളുകളെ കുറേശുകളിൽ നിന്നുള്ള പല പ്രമുഖരെയും പേര് വിളിച്ച് ഇവരെ നീ പിടിച്ചോന്ന് പറഞ്ഞു അത് ഇപ്പൊ പിടിച്ചോന്ന് പറഞ്ഞതല്ല ഇപ്പൊ പിടിച്ചോന്ന് പറഞ്ഞാൽ അപ്പൊ പിടിക്കും യാതൊരു അംശയില്ല എതിർക്കണകൾ ആളുകൾ ഉണ്ടായത് കൊണ്ട് സത്യം അവർക്കറിയാം പിന്നെ ഭൗതികമാവുന്ന നേട്ടങ്ങൾക്ക് വേണ്ടി വിശുദ്ധമാവുന്നതായ ശരീരത്തിനെയും പവിത്രമാവുന്നതായ ആഹാറുകളൊക്കെ ഉപയോഗിക്കുന്നതായ ഒരു സ്ഥിതിവിശേഷം വന്നാൽ അത് മഹാനാവുന്ന ഇമാം മുസാദി തങ്ങൾ പറഞ്ഞ മൂന്നാമത്തെ വിഭാഗത്തിൽപ്പെട്ടതായ ആലിന്യങ്ങളെ സംബന്ധിച്ചാണ് അവർ ഇമ്മിനെ അവർ പഠിച്ചു എന്തിനു വേണ്ടി എങ്ങനെല്ലാം ഇവിടെ മുതൽ സമ്പാദിക്കാൻ പറ്റുമോ ആ സമ്പാദിക്കാൻ പറ്റുന്ന മാർഗങ്ങളിൽ കൂടിയൊക്കെ മുതൽ സമ്പാദിക്കാൻ വേണ്ടി ഭൗതികമാവുന്നതായ പേരും അവർക്കുള്ളതായ അവരെ അന്തസ്സും അഭിമാനമൊക്കെ ഉയർന്നു നിൽക്കാൻ വേണ്ടി ആളുകൾ ഞങ്ങളുടെ കൂടെയാണ് അധികം എന്ന് പറയാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ഒഴിമനെ പഠിച്ചതായ ഒരു വിഭാഗം അങ്ങനെ പഠിച്ചാൽ ആ വിഭാഗത്തിനെ പറ്റി ഇമാം ഓസായി തങ്ങൾ വളരെ മോശമായിട്ടാണ് പറഞ്ഞത് അവരെ സംബന്ധിച്ച് അവര് അവർക്ക് അവരെ ആത്ബത്തിന് തന്നെ പേടിക്കപ്പെടുന്ന മഹാനാവുന്ന ഇമാം ഓസാരി തങ്ങൾ അവർ ഈ മൂന്ന് വിഭാഗമായതുകൊണ്ട് രേഖപ്പെടുത്തിയ ഈ വിഭാഗത്തിൽ മൂന്നാമത്തെ വിഭാഗത്തിനെ പറ്റി പറയാം അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം സമസ്ത കേരള ജനീയത്തിലുള്ള ഉരുമ എന്നുള്ളത് അതൊരു മഹത്താവുന്ന സംഘടന ഒരു ബഹുമാനപ്പെട്ട സംഘടന അതൊരു ഇരാഹിയായ സംഘടനയാണ് പൂർണമായിട്ടതൊരു ഇരാഹിയായ സംഘടനയാണ് നമുക്ക് അതിനെപ്പറ്റി നമ്മളെ വിശ്വാസം അതാണ് ആ വിശ്വാസം നമുക്കുണ്ടാവണം സമസ്ത കേരള ജമിയത്തുള്ള ഒരു ഇരാഹിയായ സംഘടനയാണ് എന്തുകൊണ്ട് വിശുദ്ധമാവുന്നതായ ശരിയാത്ത് ആ ശരിയാത്തിനെ പ്രിയാമനാൾ വരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട് ഇന്നു നസിക്കറോ ഈ വിശുദ്ധമാവുന്നതായ ശരീരത്തിനെ പിയാമം നാൾ വരെ അതിന്റെ സംരക്ഷണം അള്ളാഹു സുബഹ് അനുഭവത്താലേറ്റെടുത്തതാണ് അപ്പൊ അതിനെ സംരക്ഷിക്കപ്പെടാനുള്ള മാർഗങ്ങളുണ്ടല്ലോ ആ മാർഗങ്ങൾ അവ്വാഹുണ്ടാക്കിക്കൊണ്ടേയിരിക്കും അതിൽപ്പെട്ടതായ ഒരു മാർഗാണ് മഹാന്മാരാകുന്നതായ നമ്മളെ മുൻകാമികളാവുന്ന വരക്കൻ മുല്ലക്കോയെ തങ്ങളെപ്പോലുള്ള മഹത്വക്കൾ അവ്വാഹുന്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട കുത്തുബീങ്ങളിൽപ്പെട്ട വലിയ മഹാന്മാരായിരുന്നു അവരെ അവരെ മനസ്സിലേക്ക് അബ്വാഹു സുബഹ് അനുഭവത്താലെ തോന്നിപ്പിച്ചു കൊടുത്തു അങ്ങനെ തോന്നിപ്പിച്ചൊരു സുപ്രഭാതത്തിൽ അവർ ഇങ്ങനെ ഒരു സംഘടനക്ക് രൂപം നൽകിയതല്ല അവർ മഹാന്മാരാകുന്ന അവരെ മഷാലിഹന്മാരോട് മുഴുവനും സമ്മതം ചോദിച്ചു അങ്ങനെ ആ സമ്മതം എവിടെ വരെ എത്തി എന്നറിയോ നിബിസുൾ ഗുഹാബ് അലി വസ്ലമാർ തങ്ങളിലേക്ക് വരെ എത്തി അങ്ങനെ നെബിസുൽ ഗുഹാബിഅലി വസ്ലമാർ തങ്ങളിൽ നിന്നിട്ടു വരെ ആ സമ്മതം കിട്ടിയതിന് ശേഷം സ്ഥാപിക്കപ്പെട്ട ഒരു സംഘടനയാണ് സമസ്ത കേളുടെ ജനിയത്തുള്ള ഇതുകൊണ്ടാണ് ഈ സംഘടന ഒരു മഹത്തായ സംഘടനയാണ് ഇതൊരു ഇരാഹിയായ സംഘടന ഒരു ഇരായിയായ സംഘടനയാകുമ്പോൾ അതിന്റെ പ്രവർത്തകരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കുണ്ടാവേണ്ടതായ ചില ഗുണങ്ങൾ ഇന്ന് രാവിലെ ഒരു ഒരു വിഭാഗം ഒരു ഒരേ ആളുകൾ നമ്മളത് ഒരു രണ്ട് മൂന്ന് പിന്നെ ഉമറാക്കന്മാരൊക്കെ വീട്ടിൽ വന്ന് എന്തോ ഒരു കാര്യം ഒരു മസ്ജിനും എന്തൊക്കെ സംഗതികൾ സംസാരിക്കാൻ വേണ്ടി വന്നിരുന്നു അപ്പൊ ഇങ്ങനെ ഓരോ വിവരങ്ങൾ പറഞ്ഞപ്പോൾ ആ കൂട്ടത്തിൽ പറഞ്ഞു അയാളെ ചെറുപ്പകാലത്തുണ്ടായ ഒരു അനുഭവം ആളാരാന്ന് വിനിക്കരുത് അയാളെ ചെറുപ്പകാലത്തുണ്ടായ ഒരു അനുഭവം അതെന്താന്ന് ചോദിച്ചാൽ അവിടെ വഴവിന് വേണ്ടി ഒരു ഉസ്താദനെ കൊണ്ടുവന്നു ഉസ്താദനം കൊടുത്തു അങ്ങനെ ഉസ്താദിന് ഭക്ഷണമൊക്കെ ഇയാളെ വീട്ടിലിരുന്നു അപ്പൊ ഇയാള് ഭക്ഷണമൊക്കെ കൊണ്ടുപോയി കൊടുത്തു ഭക്ഷണമൊക്കെ കൊണ്ടുപോയി കൊടുത്തപ്പോൾ തറാവിഹിന്റെ സമയത്ത് തറാവി വിഷ്കരിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വഴവ് കഴിഞ്ഞിട്ടാണ് വിസ്കരിക്കലെന്ന് പറഞ്ഞു അപ്പൊ ഇയാളും മനസ്സിലാക്കി ഉസ്താവിന്റെ ഒപ്പം തറാവി മഴങ്ങുകഴിഞ്ഞ രേഷം പറഞ്ഞു ഒന്നിപ്പോ വല്ലാത്തൊരു ക്ഷീണം ഞാനിപ്പോൾ രേഷം കെടുക്കണം എന്നറിഞ്ഞു അപ്പൊ ഇയാൾ വിചാരിച്ചിരുന്ന തഹജുദിനുസ്താദ് നീ നീക്കുമല്ലോ അപ്പൊ നിസ്കേരിച്ചു കൂടിക്കുന്നു പിന്നെ ഉസ്താദ് താഹജുദിനൊന്നും നിസ്കരിച്ചില്ല ഉസ്താവിന്റെ സുബൈന് മുമ്പ് അത്തായം കഴിക്കാൻ വേണ്ടി വിളിക്കേണ്ടി ഒന്നുകൂടെ അങ്ങനെ വിളിച്ചു ഇണിച്ചു അത്തായമൊക്കെ കഴിച്ചു നോമ്പും തോറ്റു ഇത് അയാളൊരു സുഹൃത്ത് വേറൊരാളോട് പറഞ്ഞപ്പോഴേ ആ ആൾ പറഞ്ഞല്ലോ എടോ ഈ കാര്യം മനസ്സിലാക്കണം ഈ മൂലേമാരൊരു വർഷം ഈ ഭാഗം അല്ല ഇവര് പറയുന്നതൊക്കെ കേട്ടാ എമ്മൾ ചെയ്തോ അവരെ ജി പിൻപറ്റണ്ടോ അവരെ ഇത്തി പാഴേ ചെയ്യേണ്ട അവരെ പിൻപറ്റിയാരില്ല അപ്പൊ അവര് തറാവിഷ്കരിച്ചിട്ടില്ല അതേമാരി അപ്പൊ അവര് തറാവിസ്കരിക്കണം നമ്മളോട് പറയൂ ഇജ്ജി തറാവിഷ്കരിക്കോ അവര് തറാവിഷ്കരിച്ചിട്ടുണ്ടോ ചെയ്ത് നോക്കണ്ടെന്നോ അപ്പൊ എന്ന് പറഞ്ഞതുപോലെ യഥാ മഹാന്മാരാകുന്ന അമ്പിയാക്കന്മാര് വാരുസീങ്ങളാവുന്ന ഒഴമാകനുണ്ടാവേണ്ടതായ സ്വഭാവം അത് നമ്മളെ ആലിമീങ്ങൾക്കുണ്ടാവണം നമ്മളെ പ്രവർത്തകർക്കുണ്ടാവണം ഇതായിരുന്നു മഹാന്മാരാകുന്ന നമ്മളെ മുൻകാമികളാവുന്ന ആലിമീങ്ങളും നമ്മളെ പ്രവർത്തകരും നമ്മളെ ഉമറാവുമൊക്കെ അവരുടെ ജീവിതത്തിൽ ജീവിതം മുഴുവൻ വിശുദ്ധമായ ജീവിതമായിരുന്നു അവരൊക്കെ ഭൗതികമാവുന്ന എന്തെങ്കിലും ഒരു ലാഭത്തിന് വേണ്ടിയോ ഭൗതികമാവുന്ന എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയോ ഈ സംഘടനയെ അവർ ഉപയോഗപ്പെടുത്തിയിരിക്കുക അതു ഈ സംഘടന ഈ സംഘടനയുടെ വിശുദ്ധിയൊക്കെ അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഉറപ്പാണ് ഇതൊരു രാജാഹിയായ സംഘടനയാണ് മൊബു ഹൗസ് ബഹാനുഭൂത്താല തൊയ്യാമനാൾ വരെ ഈ ഗണന എന്റെ എല്ലാ പ്രൗഢിയോടുകൂടി മൊഗു ഹൗസ് യാതൊരു സംശയമില്ല പക്ഷെ ഒരു കാര്യം എന്താ നമ്മളെ പ്രവർത്തകർക്കുന്ന് നമ്മളെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഭൗതികമാവുന്നതായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതായ ഒരു അമിതമായ താല്പര്യം അത് ആളാണ് ഇത് കുറവ് നമുക്ക് എപ്പോഴും ഒന്നാമതായിട്ട് നമ്മളെ നമ്മൾ ഏറ്റവും നമ്മൾ ഏറ്റവും പ്രധാനം നൽകേണ്ടത് നമുക്ക് വിശുദ്ധമായ രീതിയിലാണ് നമ്മൾ ആഹ്റം രക്ഷപ്പെടണം എന്നുള്ള നൽകണം നമ്മളൊക്കെ ഇതുപോലുള്ള സംഘടനകളിലും ഇതുപോലുള്ള മഹാന്മാരാകുന്ന പണ്ഡിതന്മാരുടെയും പിന്നിലായ കൊണ്ട് നമ്മൾ നിൽക്കുന്നത് എന്തിനു വേണ്ടി നമ്മൾ ആഹ്റം രക്ഷപ്പെടണം അപ്പൊ ആഹ്റം നമുക്ക് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ എന്തുവേണം നമ്മളെ പ്രവർത്തനങ്ങളും നമ്മളെ ഓരോ ചലനങ്ങളും മഹാന്മാരാകുന്ന അംബിയാക്കന്മാരിൽ ഉണ്ടായ ആ വിശുദ്ധി നമ്മൾക്ക് ഉണ്ടാവണം അംബിയാക്കന്മാർക്കുണ്ടായ ആ നല്ല സ്വഭാവങ്ങളൊക്കെ നമുക്കുണ്ടാവണം വിശുദ്ധമായ വാഹ്യ തന്നെ സുബാൻ ആരെങ്കിലും ഒരു വ്യക്തിന്റെ കൈവശം ആ വാഹ്യ തന്നെ ആൾക്കാണു ഇപ്പൊ ബിസ്മിയാണെങ്കിൽ ആ ബിസ്മിനെ സംബന്ധിച്ചുള്ളതായ ചില ഇഷാണത്തുകൾ ലോഹി മഴഫോതിൽ ഉണ്ടാവും ആ ലോഹി മഹ അതിന്റെ വാക്കുണ്ടാക്കി അബ്വാഹുന്റെ റസൂലിന് കൊണ്ടുപോയി കൊടുക്കണം അല്ലാതെ ഇങ്ങനെ പറഞ്ഞുകൊടുത്തു എന്നിട്ട് രത് ഏറ്റെടുത്ത് പോയി പറയാമെന്നുള്ളതല്ല വിശുദ്ധമായ ഖുഹാന്റെ ആ പൂർവരൂപം ലോഹി മഴഫൂതിൽ അബ്വാഹു രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് അത് ഓരോ സമയങ്ങൾ വരുമ്പോൾ ഇന്നെ സമയത്ത് ഇന്നെ ആയത്തുകൾ സ്വലം ആ തങ്ങളിലേക്ക് എത്തിക്കണം അതിന്റെ രേഖകളൊക്കെ അവിടെ ഉണ്ടാവും ആ രേഖകൾ നോക്കി അത് കൈകാര്യം ചെയ്യുന്ന ആളാണ് ജിബി അലൈഹി സ്വലാത്തു വസ്സലാം ഇതുകൊണ്ട് ആ വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് ഇന്നഹൂലിൻ കരിയും ആ വിശുദ്ധമായ ഖുർആാൻ ഉണ്ടല്ലോ വളരെ മാന്യമാകുന്ന ഒരു ദൂതന്റെ വാക്കാണെന്ന് കാരണം ഈ വിശുദ്ധമായ ശരീരത്ത് കൈകാര്യം ചെയ്യുന്ന ആളുകൾ അവര് മാന്യന്മാരാവാം മാന്യന്മാരായ ആളുകൾക്ക് മാത്രമേ ഇത് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ ഇതിന്റെ സ്വഭാവം അങ്ങനെയാണ് ജിബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറഞ്ഞു പൂർണ്ണ അനുസരണവാനാണ് അവര് സത്യസന്ധനാണ് വിശ്വസിക്കാൻ പറ്റിയ ആളാണ് അപ്പൊ വിശ്വസിക്കാൻ പറ്റിയവരാവണം സത്യസന്ധന്മാരാവണം അവര് പൂർണ്ണമായി അനുസരണമുള്ളവരാവണം അവര് മാന്യന്മാരാവണം അങ്ങനത്തെ വിശുദ്ധന്മാർ മാത്രം കൈകാര്യം ചെയ്യേണ്ടതായ ഒന്നാണ് വിശുദ്ധമായ ശരീരം എന്നിട്ടോ ഈ ശരീരത്തിന് അള്ളാഹുസ്ബ അനുഭവത്തായ ആരിലേക്കാണ് എത്തിക്കുന്നത് വളരെ വിശുദ്ധനാവുന്നതായ ഒരു വ്യക്തിയിലേക്ക് ആ അവരെ വിശുദ്ധി അഗ്വാഹു സുബാനുഭവത്തായ എത്രമാത്രം ആ വിശുദ്ധിനെ എത്രമാത്രം അതിനെ ഉയർത്തി കൊണ്ടുപോയി ഉയർത്തി കൊണ്ടുപോയി ആ വിശുദ്ധിന്റെ പരമോന്നതയിലെത്തുമ്പോഴാണ് വിശുദ്ധമാവുന്ന വാഹിയിൽ ബിസുഖു സൽമാതങ്ങളിലേക്ക് അഗ്വാഹു സുബാനുഭവത്തായാലെത്തിച്ചു കൊടുക്കുന്നത് പെടുംഭൂവത്തിന്റെ സ്വഭാവം തന്നെതാ ഒരാൾക്ക് അധ്വാനിച്ചാൽ സമ്പാദിക്കാൻ പറ്റാത്ത ഒന്നാണ് ഹിബത്തും റബ്ബാനി ഒരു ഏറ്റവും ഉയർന്നൊരു പകൽ ഈ ലോകത്ത് അതിനേക്കാളും വലിയൊരു പദവിയില്ല ആ പദവി അവ്വാഹു ശുഭ അനുഭവത്തായവർക്ക് നൽകണത് എങ്ങനെയെന്നറിയും അവ്വാഹു ആ വ്യക്തിയെ അവരെ പാപ്പന്മാരുമായ വിശുദ്ധന്മാരൊക്കെ കൊണ്ടുവന്ന് വിശുദ്ധ വഴികളാവുന്നതായ ഉമ്മമാരിൽ കൂടി വന്ന് മുഭുവത്തിന്റെ മുമ്പും നുഭവത്തിന് ശേഷമൊക്കെ ഒരു കറാഹത്തിൽ നല്ല സിനാപ്പു ലൗല പോലും ചെയ്യാത്ത മഹാന്മാര് അവര് കൈകാര്യം ചെയ്തതാണ് അപ്പൊ അത്രമാത്രം വിശുദ്ധന്മാര് കൈകാര്യം ചെയ്ത വിശുദ്ധമായ ഈ വഴി ആ വിശുദ്ധമായ ശരീരത്തിൽ ആ ശരീരത്തിന് കൈകാര്യം ചെയ്യുന്നതായ സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുള്ള അപ്പൊ നമ്മളെ സംബന്ധിച്ചോടത്തോളം നമുക്ക് ഏറ്റവും പ്രധാനമായത് സമസ്ത കേരള ജമിയ തുഴമയും അതിന്റെ ആശയങ്ങളെ സംരക്ഷിക്കുകയാണെന്ന് ഓരോ പ്രവർത്തകന്റെയും ഇതിന്റെ പണ്ഡിതന്മാരുടെയും ഇതിനോട് ബന്ധപ്പെട്ട ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാവേണ്ടതാണ് പലരും പലരും അവകാശപ്പെടും ചില സംഘടനകൾ പറയും ഞങ്ങളാണ് സമസ്ത കേരള ജമീയത്തുഴമയെ വളർത്തിയതും ഇവിടെ ആരും സമസ്തകയുടെ ജമീയത്തിൽ തന്നെ വളർത്തിയില്ല സമസ്ത കേരള രമീയത്തിന് തന്നെ അള്ളാ ഹുസുബ് അനുഭവത്താൽ വളർത്തും അത് കയ്യാമനാൾ വരെ അള്ളാ ഹുസുബ് അനുഭവത്തായ സമസ്തയെ വളർത്തും എന്തുകൊണ്ട് വിശുദ്ധമായ ശരീരത്തിനെ കയ്യാമനാൾ വരെ നിലനിർത്തണം അത് വിശുദ്ധമാവുന്നതായ ശരീരത്തിനവിടെ സംരക്ഷിക്കപ്പെടണം അതിന്റെ ഉത്തരവാദിത്വം അള്ളാഹാ ഹുസുബ് അനുഭവത്താലായിട്ടെടുത്തിട്ടുണ്ട് അപ്പൊ അതിന് ആവശ്യമാവുന്ന സംഘടനകൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ആ സംഘടനകൾക്ക് വേണ്ടതായ സൗകര്യങ്ങളൊക്കെ അള്ളാ ഹുസുബൽഹുത്താരവിടെ ചെയ്തുകൊണ്ടേക്കും അപ്പൊ വിശുദ്ധമാവുന്നതായ ഈ ശരീരത്തിന്റെ വാഹകരും ഈ ശരീരത്തിന്റെ പ്രചാരങ്ങളും ഈ ശരീരത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരുമാവുന്ന നമുക്ക് വേണ്ടതെന്താ നമ്മൾ ഓരോ പ്രവർത്തനങ്ങളും വിശുദ്ധമാവുക നമ്മൾ നമ്മൾ നമ്മൾ പറയുന്നതായ ഓരോ വാക്കുകളും ആ വാക്കുകളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപത്തേക്കോ ബഹുമാനപ്പെടാവ് നാസീസിനെ ആലങ്കാരികമായി പറഞ്ഞത് ഹോരായി പോകാൻ പാടില്ല അത്രേയുള്ളൂ അപ്പൊ കേട്ടോ അവർ അതൊക്കെ ഒരു പ്രയോഗമാണ് അലങ്കാരായി കൊണ്ട് പറഞ്ഞതാണ് അവര് അത് ആരും പറയുന്നത് തന്നെയുണ്ട് പക്ഷെ അങ്ങനെ പറയുമ്പോൾ നമ്മള് അങ്ങനെ നമ്മളെ പണ്ഡിതന്മാര് പറയുമ്പോൾ നമ്മളത് സൂക്ഷിച്ച് പറയാൻ പാടുള്ളൂ അങ്ങനെ കാരണം നമ്മൾ ഉയർന്ന സ്ഥാനത്തുള്ളവരാണ് ഉയർന്ന സ്ഥാനം എന്ന് പറഞ്ഞാൽ അവാമിന്റെ അടുത്ത് ഏറ്റവും ഒരു ഉയർന്ന സ്ഥാനമാണ് ഈ വിശുദ്ധ പ്രവർത്തനങ്ങളും നമ്മളെ വാക്കുകളൊക്കെ അറത്ത് മുറിച്ച് നമ്മളൊരു ഉത്തരവാദിത്തപ്പെട്ട സംഘടനന്റെ പ്രവർത്തകരാണ് ഉത്തരവാദിത്തപ്പെട്ട സംഘടനയുടെ അനുയായികളാണ് എന്ന ബോധം നമ്മളിൽ ഉണ്ടാവണം ആ ബോധത്തോടു കൂടിയാവണം നമ്മളെ ഓരോ ചലനങ്ങളും അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലുത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തിലുള്ള ആ സമസ്ത കേരള ജമീയത്തിലുള്ള വിഭാവനം ചെയ്യുന്നതായ വിശുദ്ധമായ ആശയങ്ങൾ ആ വിശുദ്ധമാവുന്നതായ ശരിയാത്തി അതിന് വേണ്ടതായ പ്രവർത്തനമാവണം നിന്ന് നമ്മൾ എപ്പോഴും മുൻതൂക്കം കൊടുക്കേണ്ടത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മുൻതൂക്കം കൊടുക്കേണ്ടതാണ് മറ്റിവിടെ ഒരുപാട് ഭൗതിക പാർട്ടികളുണ്ട് ഉള്ളവരാണ് നമ്മൾ അപ്പൊ ആഹ്ലത്തിന് വേണ്ടി ജീവിക്കുന്നതായ നമ്മൾ ആഹ്ലം നന്നാവണം എന്നുണ്ടെങ്കിൽ എന്ത് നന്നായി കിട്ടാൻ ആവശ്യമാവുന്ന പ്രവർത്തനങ്ങളാവണം നമ്മൾ ഇവിടുന്ന് ചെയ്യുന്നത് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് നമ്മൾ അതീത വിശുദ്ധാവണം അതുകൊണ്ടാണ് സമസ്ത കേരള ജമീയത്തുള്ള ജനങ്ങളെ അതീത അവർക്കുള്ള വിശ്വാസം ഒരിക്കലും അതെന്താവാൻ പാടില്ല നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല ആ വിശ്വാസം വിഗ്രഹത്തിലേക്ക് ജാഞ്ഞു പോകാൻ പാടില്ല അപ്പൊ അതിനാണ് പ്രത്യേകമാവുന്നതായ ഒരു അതിരുവരമ്പ് സമസ്ത കെട്ടി ആ അതിരുവരമ്പിന്റെ ഉള്ളിൽ നിർത്തിക്കൊണ്ടിട്ട് ഇവിടുത്തെ മുസ്ലിം സമുദായത്തിനെ അനുഭവത്താലേക്കിലേക്കുള്ള വിശുദ്ധമായ മാർഗത്തിലേക്ക് നയിക്കിയാണ് സമസ്തകയുള്ള ജമീയത്തിലുള്ള ജീണത് അപ്പൊ അതിന് വേണ്ടതായ ഗുണങ്ങളുണ്ടല്ലോ ആ ഗുണങ്ങൾ നമ്മളിലൊക്കെ ഉണ്ടാവണം നമ്മൾ വിശുദ്ധരാകണം നമ്മളെ വാക്കുകൾ എന്താവണം അത് വിശു വളരെയധികം നമ്മൾ ശ്രദ്ധിച്ച് പറയണതായ വാക്കുകളാവണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സത്യം പറയാൻ പാടുള്ളൂ നമ്മൾ അസത്യം ഒന്നും പറയാൻ പാടില്ല മുടിനെ പറ്റി തന്നെ സംസ്ഥാനകളുടെ ജമിയത്തിലും എല്ലാം മുഷാഫർ ലൈനെ പറ്റി ചർച്ച വന്നപ്പോൾ തീരുമാനം ഉണ്ടായിരുന്ന ആ മുടിനെപ്പറ്റി ഇപ്പൊ നമ്മളൊന്നും പറയേണ്ടത് സത്യം വെളിപ്പെടുന്നവരെ അതിനെ എല്ലാവരും വിട്ടണം സത്യം വെളിവായി റസൂദാന്റെ മുടിയാണെന്ന് അറിഞ്ഞാൽ എല്ലാവരും അത് ഉപയോഗിച്ചോളി ആരി ഇവിടെ മുടിവെടുന്നാലും നമുക്കൊരു കുഴപ്പമില്ല ഏത് മുടിയാണെങ്കിലും റസൂദ്ദാന്റെ മുടിയാണെന്നാൽ നമ്മളതിനെ ബഹുമാനിക്കും ഇത് ബഹുമാനിക്കണം എന്ന് പഠിപ്പിക്കണവരാണ് നമ്മൾ റസൂദ്ദാന്റെ മുടി മാത്രമല്ല റസൂൽ വായി സുലഭാ വലിയ വസ്സല തങ്ങളിൽ നിന്നുള്ളതായ സർവസവും അതിനൊക്കെ പുന്നിണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ പുന്ന വിശ്വസിക്കല്ല വിശ്വാസം അത് നമ്മൾ വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണ് ഇവരോട് ബന്ധപ്പെട്ട സർവസ്വും അതിൽ കൊക്കെ പുന്നുണ്ട് കാരണം അങ്ങനെയാണ് നവിസുൽ അഴി വസ്ലമ തങ്ങൾക്കുള്ള സാധാരണ മനുഷ്യനല്ലല്ലോ പൂർണ്ണമായിട്ടും അസാധാരണത്താണ് നബിസ് വഴിയു സലമ തങ്ങളിൽ നിന്നുണ്ടാവുന്നത് അപ്പം മുഴുവൻ അസാധാരണത്തുള്ളതായ ഒരു ഒരു മനുഷ്യൻ മനുഷ്യനാവലോട് കൂടെ തന്നെ മലായിക്കത്തിന്റെ പൂർണ്ണമായ സ്വഭാവങ്ങൾ നബിസുല്ല അലി വസ്ലമ തങ്ങളിൽ നിന്നും ദർശിക്കപ്പെടാം അങ്ങനത്തെ നബിസുൽ അഴി വസ്ലമ തങ്ങളെ മുടിയിൽ മാത്രമല്ല നബിന്റെ സർവസവും അത് മുഴുവനും പുണ്യുള്ളതാണ് കാര്യം നബിന്റെ വിയർപ്പിനിക്ക് പുണ്യുണ്ട് പി ഉമനീറിക്ക് വിണ്യുണ്ട് നിബിസലുബാ വലിയ വസ്ലമ്മ തങ്ങളെ കൈ പുണ്യുള്ള കയ്യാണ് കൈ കൊണ്ടിട്ടൊരു സ്ഥലത്ത് തൊട്ടാൽ കണ്ടോ എത്രയോ സഹാബത്തിന്റെ കാലു മുറിഞ്ഞു കയ്യ് മുറിഞ്ഞു നിബിസുൾബാ വലിയ വസലമ തങ്ങൾക്കുള്ള ആ വിശുദ്ധമായ കൈ കൊണ്ടിട്ട് അവിടെ ആ മുടി ആ സ്ഥലം പൂർണ്ണ രൂപത്തിലായി പൂർണ്ണ രൂപത്തിലായി മാറി കണ്ണു പോയവർക്ക് നിബിസുൾബലി മുസ്ലമാ തങ്ങൾ തടഞ്ഞു കൊടുക്കപ്പോൾ അവര് കണ്ടില്ലേ അവരെ കണ്ണ് പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങി വന്നു ഇതൊക്കെ വിശുദ്ധി വളരെ പുണ്യമുള്ള സംഗതികളാണെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ പക്ഷെ ആധികാരികമായും കൊണ്ട് അത് അതാണെന്ന് തെളിയിക്കപ്പെടാത്ത കാലത്തോളം ഇന്ന് വിട്ട് കിടന്ന അപ്പൊ സമസ്ത കേരള ജമിയത്തുള്ളമയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇതുവരെ സമസ്തന്റെ ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിൽ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു വിവാദം പറയേണ്ട എന്തെങ്കിലും ഇവിടെ ഉണ്ടായിട്ടുണ്ടോ സമസ്ത കേരള ജമീയത്തുലമകളിന്റെ രൂപീകരണം മുതൽ ഇന്നേ വരെയുള്ള സമസ്തന്റെ ഏതെങ്കിലും ഒരു ഫത്തുമൂടെ മാറ്റി പറയേണ്ടി വന്നിട്ടില്ല എന്താ കാരണം അത് സമസ്ത കേരള ജമീയത്തുള്ളമാന്റെ ഫത്തുവ അത് എന്നും അത് വളരെയധികം ശ്രദ്ധിച്ച് മഹാന്മാരായ പണ്ഡിതന്മാര് അത് കൈകാര്യം ചെയ്യേണ്ടതുപോലെ ചെയ്യുള്ളും അവരെ അനുഭവത്തായാലും അതിന്റെ ശരിയാവുന്നതായ ദിശയിലേക്ക് കൊണ്ടുവരും അതുകൊണ്ടാണ് സമസ്ത കേരള ജമീയത്തുള്ള എന്നേ വരെ ഇവിടെ കൊടുത്ത് ഏതെങ്കിലും ഒരു ഫതുവ അത് മാറ്റി പറയേണ്ട ആവശ്യം വന്നിട്ടില്ല സമസ്തന്റെ പ്രവർത്തനങ്ങളുണ്ടല്ലോ അത് ഏതെങ്കിലും ഒരു പ്രവർത്തനം ഇതുവരെ ഇവിടെന്തായിട്ടില്ല യാതൊരു വിവാദമായിട്ടില്ല ഒരു വിവാദമായിട്ടില്ല കണ്ടപ്പോ മുടി വിവാദം അങ്ങനെ വിവസം വിവാദങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയല്ലേ അണികളിൽ നിന്നും അല്ലാതെയും വിവാദങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്താ കാരണം ഒരു സംഘടന ഇരായിയായ ഒരു സംഘടനയ്ക്ക് വേണ്ടതായ സ്വഭാവം എന്താണെന്നല്ലോ അത് ഇഖിലാസിന്റെ മേലെ അതിനെ അല്ലാതെ ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി പടർത്തുയർത്തിയാൽ അത് ഇരായിയായ സംഘടനയാവൂരാ അതുകൊണ്ടാണോ നമ്മൾ ഒരു നല്ലൊരു ഒരു ഒരു മദ്രസ് ഉണ്ടാക്കുമ്പോൾ തന്നെ ആ മദ്രസിന് നമ്മൾ ശില നൽകുന്നത് അല്ലെങ്കിൽ അതിന്റെ കട്ടിൽ വെക്കുന്നത് ഇതൊക്കെ പുണ്യമായ കൈകളെ കൊണ്ട് വെക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്താ നെബിസുല്ലാളി മുസ്ലമ തങ്ങൾ അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത് ഒരവസരത്തിൽ കുത്തുപോതിയുന്ന ഒരു ഈത്തപ്പന മരത്തിന്റെ അടിയിൽ നിന്ന് മുറിക്കപ്പെട്ടതായ ഒരു അതിന്റെ തടിമാരത്തുകൾ കയറിയിട്ടുണ്ട് നബിസുല്ലാ അലി വസലമ തങ്ങൾക്ക് വേണ്ടി ഒരു മെമ്പർ ഉണ്ടാക്കിയ തരക്കളിഞ്ഞു ഒരു ബീപിനോട് പറഞ്ഞു നിന്റെ കൂടെ ഒരു അടിമയുണ്ടല്ലോ അടോ എടി പിന്നെ ഈ ആശരിപ്പണി അറിയണ അവനോടൊരു മെമ്പർ ഉണ്ടാക്കി കൊണ്ടുവരാൻ പറയും അവനൊരു മെമ്പർ ഉണ്ടാക്കി കൊണ്ടുവന്നു മെമ്പർ ഉണ്ടാക്കിക്കൊണ്ടുവന്നപ്പോ നബി സുൽഹാൻ അലി വസ്ലമാ തങ്ങളെ എങ്ങനെ ഉദ്ഘാടനം ചെയ്ത് നബിന്റെ പുണ്യമായ കാർ അതിമ്മൽ വെച്ച് കയറി നിന്ന് നബി അതിമന്ന് അടുത്ത ജുമായ വരെ പ്രതീക്ഷിക്കുമ്പോത്തിന് ഇപ്പൊ വേഗത്തിൽ അതിന്റെ ഉദ്ഘാടനം ചെയ്യാന്നുള്ളവർക്ക് അതിന്റെ മേലെ കയറി നബി നിസ്കരിച്ചു സമയത്ത് നബി അറിഞ്ഞ് സുയൂനും ചെയ്തു എന്നിട്ട് അവസാന നബി സഹാബത്തിനോട് പറഞ്ഞൊരു വാക്കുണ്ട് ഞാൻ എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് നിങ്ങൾക്കറിയോ തൂബി നിങ്ങൾ എന്നോട് പിൻപറ്റാൻ വേണ്ടി എന്താ ഈ വാക്കിന്റെ അർത്ഥം ഞാൻ നിഷ്കരിച്ചത് നോക്കി എന്നോട് പിൻപറ്റപ്പെടാൻ വേണ്ടിയതല്ല നബി നിസ്കരിച്ചത് നോക്കി നബിന്റെ നിസ്കാരത്തിന്റെ സ്വഭാവം മനസ്സിലാക്കിയവരാണ് സഹാബത്ത് നബി അവിടെ പിമ്പർമൽ കയറി നിസ്കരിച്ചത് നിസ്കാരത്തിന്റെ സ്വഭാവം അവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയല്ല ഒരു ദീനിൽ മുളകമാവുന്നതായ ഒരു സംഗതി ആ സംഗതിയിലെ സ്ഥാപിക്കപ്പെട്ടാൽ അതിനൊരു സ്ഥലത്ത് അതിനെ പ്രതീക്ഷിക്കപ്പെട്ടാൽ അതിൻ്റെ ഉദ്ഘാടനം ഒരു നല്ല സ്വഭാവം തന്നെ ആവാണം അതാണ് നിബി അതിമ്മൽ കയറിസ്കരിച്ചത് എന്തുകൊണ്ട് സഹാപത്തൊക്കെ കാണട്ടെ എന്താണത് വളരെ പുണ്യമായ ഒരു സാധനമാണ് ഈ വിംബ്ര ഈ വിംബർ പറഞ്ഞത് വിശുദ്ധമാവുന്നതായ ശരീര ഒരു ഒരു വിഭാഗത്തിൻ്റെ വിഭാഗത്തിന് വേണ്ടി ഉപയോഗിക്കണതായ ഒരു പ്രധാനപ്പെട്ടതായ ഒരു ഒരു വസ്തുവാണ് മിംബ്ര അപ്പം ആ മിംബറിന് അതേ നിൽക്കുന്നതായ ബഹുമാനത്തോടുകൂടി അതിന് ഉദ്ഘാടനം നബി അതിന്റെ മേലെ കയറി നിസ്കരിച്ചു നിസ്കരിച്ചു എന്ന് മാത്രം നബി സഹാബത്തിനോട് പറഞ്ഞാൽ ഇത് തൃത്വം എന്നോട് പിമ്പറ്റപ്പെടാൻ നിങ്ങൾ എന്നോട് പിമ്പറ്റാൻ വേണ്ടിയാണ് എങ്ങനെ പിമ്പറ്റുക എന്ന് പറഞ്ഞാൽ നിന്റെ നിസ്കാരം നോക്കി നിങ്ങൾ എന്നോട് പിൻപറ്റാൻ വേണ്ടി അതല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ ഒരു ഭീനില് ആദരിക്കപ്പെടുന്ന ഒരു സാധനമാണെങ്കിൽ അതിൻ്റെതായ ഉദ്ഘാടനം അത് അറിയിക്കുന്നതായ ബഹുമാനം ആ അതിർവോടുകൂടി ചെയ്യണം ഇത് നിങ്ങൾ പിന്നീട് പെയ്യാമനാൾ വരെയുള്ള സമൂഹം ഇങ്ങനെ ചെയ്യണം എന്നാണ് അപ്പോ നമ്മൾ അതിനൊക്കെ വിശ്വസിക്കുന്നവരാണ് ബഹുമാനം വേണം ആദരവ് വേണം ബഹുമാനം ആദരവ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് മഹാന്മാരാകുന്നതായ വശായഹന്മാർ പറഞ്ഞതുപോലെ മുറാഹത്ത് ഉൽ ആദാബി ഔലാം അണ്ടോ മതവിധികൾ സ്വീകരിക്കുന്നതിന് സാന്നിധ്യേക്കാൾ ചിലപ്പോ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്തേക്കാം അതബ് മര്യാദ ഗുരുത്തം പുരുത്തം ഇങ്ങനത്തെ സംഗതികൾക്കാണ് അപ്പൊ വിശുദ്ധമാവുന്ന പ്രവർത്തനം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഒരു വിശുദ്ധമായ ഹൃദയം നമ്മൾക്ക് വേണം ആ ഹൃദയത്തിൽ തത്വം വേണം ആ തത്വമ്മൽ പടുത്തുയർത്തണം നമ്മളെല്ലാം എന്നാലും അത് വിജയിക്കുള്ളൂ അതാണ് സമസ്ത കേരള ജമീയ തുമന്റെ വിജയം മഹാന്മാരാകുന്ന ആളുകൾ തത്വം വൽ പടുത്തുയർത്തിയ യഥിലാസുമൽ ഉണ്ടാക്കി തീർത്തതായ ഒരു സംഘടനയാണിത് അതിൻ്റെ വിജയം അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാവുന്നതായ ലക്ഷ്യം സമസ്ത കേരള ജമീയത്തൊരുമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കൽ മാത്രം ആ സമസ്ത കേരള ജമീയത്തുള്ളമയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് ആഹ് വിജയം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതായ ഒരു ബോധം ഓരോരുത്തർക്കും ഉണ്ടാവണം അല്ലാതെ ആവശ്യമില്ലാത്ത വിവാദങ്ങളിലൊക്കെ നമ്മൾ ഇടപെട്ട് ഭൗതികമാകുന്നതായ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഗുണമുടിച്ചു അല്ലെങ്കിൽ അതിന് വടി കുടിച്ചു അല്ലെങ്കിൽ അതിന് വതാകം പിടിച്ചു അതിനുവേണ്ടി അടി ഉണ്ടാക്കി ഇതൊന്നും ആഹ്ലത്തിൽ ചെല്ലുമ്പോൾ ഒരിക്കലും ഇടവോ നിന്റെ അശ്നാത്തിൻ്റെ തുലാസിൽ അതിന് ഒരു സ്ഥാനം ഉണ്ടാവില്ല അതൊക്കെ നിന്റെ സയ്യാദത്തിന്റെ തുലാസിലായതുകൊണ്ട് അതിനൊക്കെ തൂക്കപ്പെടും അപ്പൊ ആഹ്റത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ അസനാത്തിൻ്റെ തുലാസ് സാത്തിന്റെ തുലാസിനേക്കാൾ എന്താവണം എന്നറിയോ അത് തൂങ്ങിയ അധികം കനത്തോടുകൂടി നിൽക്കണം അത് ഖനം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ എന്തുവേണം നമ്മളെ പ്രവർത്തനങ്ങൾ യുരാസയോടുകൂടി സമസ്ത കേരള ജമിയ തുടമക്ക് ഒന്നാം സ്ഥാനം നൽകിക്കൊണ്ടിട്ട് അത് എന്നും നമ്മളെ വഴത്തെ കയ്യിൽ സമസ്ത കേരള ജമിയ തുഴമയും ഔദ്യിസുനത്തികൾ ജമായത്തിന്റെ വിശ്വാസങ്ങളുവാണെന്നുള്ളതായ ഒരു ബോധത്തോടുകൂടി നമ്മൾ പ്രവർത്തിക്കാം അങ്ങനെ പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് ആഹ്ലത്തിൽ വിജയിക്കാൻ കഴിയുള്ളൂ അപ്പൊ ആഹ്ലത്തിലുള്ള വിജയം ഉദ്ദേശിക്കുന്നതായ ഏതൊരാളും മഹത്താവുന്നതായ ഈ സംഘടനന്റെ പിന്നിൽ അണി നിറന്നുകൊണ്ടുണ്ട് ഇതല്ലാതെ ഒരുപാട് സംഘടനകളുണ്ട് മതത്തിന് മേൽ ഇവിടെ ഒരുപാട് നമുക്കറിയാ ജമായത്ത് ഇസ്ലാമിക്കുള്ള സംഘടന ഉണ്ട് മുജാഹിദീനിക്കുള്ള സംഘടന ഉണ്ട് ഇവിടെ തബ്ലീഗി ഇവിടുത്തെ എല്ലാ കള്ളതെരീക്കത്തുകേർക്കും സംഘടന ഉണ്ട് നല്ല ഒരു തെരീക്കത്തിനും ഇവിടെ ആവശ്യമില്ല എല്ലാ കണ്ടില്ലേ കുത്തുമു സമാൻ എന്ന് പറഞ്ഞിട്ട് ഒരുത്തനെ പേപ്പറിലൊക്കെ ചിലപ്പോൾ കാണാൻ ആലുവയിൽ ഒരു കുത്തുബു സമാനാണെങ്കിൽ അയാളിങ്ങനെ പരസ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ മഹാന്മാരാകുന്ന പല കുത്തുബീയങ്ങളും വരെ ഉണ്ടായിട്ടില്ലേ അവര് കുത്തുബ് എന്നൊരാളെ സംബന്ധിച്ച് പറയണമെന്നുണ്ടെങ്കിൽ കുത്തുബു സമാൻ പോട്ടെ കുത്തുബീങ്ങൾ പല ജാതിയുണ്ട് അത് കൊത്തുബു സമാൻ ആവണം എന്നുണ്ടെങ്കിലും അത് കൊത്തുബു സമാൻ വേണ്ട ഒരു കൊത്തുബ് ആവണം നിബന്ധനകളും ശ്രദ്ധുകളും വളരെ വലുതാം ഒരു പാടാണത് അപ്പൊ ഒരാളെ കുത്തുബായും കൊണ്ട് വിശേഷിപ്പിച്ച് ആ കുത്തുബിനെ പേപ്പറിൽ പരസ്യം കൊടുത്ത് അയാളെ ഫോട്ടോ കൊടുത്തിട്ട് അതിലേക്ക് ആളുകളെ വിളിക്കേണ്ട ഒരാവശ്യം ഒരു കുത്തുമിനിക്കില്ല കുത്തുബ് യഥാർത്ഥ കുത്തുബാണെങ്കിൽ ആ കുത്തുബിലേക്ക് ജനങ്ങൾ വന്നുകൊണ്ടേക്കും ആ കുത്തുബിന് ഇന്ന് കിട്ടണമെന്താ റോഹിയാവുന്നതായ ഒരു തെർബീയത്താണ് ആ തെർബീയത്ത് കൊണ്ടിട്ട് അവനക്ക് കിട്ടാൻ പോകണമെന്താ അവൻ ഇരാഹിയാവുന്നതായ ഇരാഹിലേക്കുള്ളതായ ഒരു കുറബാണ് അവൻക്ക് അബ്വാഹുലേക്കുള്ളതായ ഒരു സാമീപ്യം അപ്പൊ ആ മഹാന്മാരാകുന്നതായ മശാഹന്മാർ അവരെ തെർബിയെത്തെയ്യുമ്പോ തന്നെ അവനക്ക് അതിന്റെ ഗുണങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലാതെ എവിടെങ്കിലും ഏതെങ്കിലും ഒരുത്തൻ കുപ്പായിട്ടിരുന്നാൽ ഇവനൊക്കെ ഷെയ്ഖാണെന്ന് പറഞ്ഞ് വയ്യാതെ നല്ലതായ ഒരു സ്വഭാവം ആ സ്വഭാവം നമുക്കുണ്ട് ആ സ്വഭാവം നമ്മൾ ഉപേക്ഷിക്കണം ഷേഖ് എന്നൊക്കെ വലിയ സംഭവമല്ലേ ഷെയ്ഖൊക്കെ ഉവല്ലതീ അഹ്റക്കം സിജനില്ലാവാ തടിന്റെ ഇച്ഛയിൽ നിന്ന് നിനക്ക് പൂർണമായും മോചനം നൽകാൻ കഴിയണം അവരാണ് ഷേഖ് അത് മാത്രം മതിയോ നിന്റെ ഹൃദയത്തിന് അവഹുവിന്റെ വിശുദ്ധമാകുന്നതായ നൂറുകൾ പ്രകാശങ്ങൾ ഇറങ്ങാൻ പറ്റുന്ന നിലക്ക് നിന്റെ ഹൃദയത്തിനെ വിശുദ്ധമാക്കി തരാൻ ശേഖനിക്ക് കഴിയണം ഓരോ സമയത്തും മഹിതീ ശേഖനങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞില്ലേ അവരെ കണ്ണ എപ്പോഴും ലോഹി പറഞ്ഞാൽ ലോഹിൽ മഹഫൂബിലേക്ക് നോക്കുക ശരീരത്തിൽ ഒഹു രേഖപ്പെടുത്തിയ പ്രത്യേക ലോഹ ആ ലോഹിലേക്ക് നോക്കി മുരീതിൻ്റെ നമ്മളൊക്കെ ശരീരത്തിലുള്ള ലോഹ ആ ലോഹിലേക്ക് നോക്കി അവനെ ഓരോ സമയത്തും അതിന്റെ റിമോട്ട് ശേഖന്റെ കയ്യിലായിട്ടും അത് പിടിച്ച് നിയന്ത്രിക്കാൻ കഴിയണം അവനാണ് ശേഖ എന്ന് അപ്പൊ അങ്ങനത്തെ ഒരു ശേഖ ഉണ്ടെങ്കിൽ ആ ശേഖനെക്കാണ്ട് എത്തും എത്തേണ്ടവൻ അതിനൊരു സംഘടന ഇവിടെ പരസ്യം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ ഒരുപാട് കള്ളത്തരീക്കത്തുകാർക്ക് സംഘടന ഉണ്ട് ഇവിടെ ത്രിചീകരമായിട്ട് എന്ന് പറഞ്ഞ് മുന്നിലൊരു നല്ല പ്രകടനങ്ങളൊക്കെ നമ്മൾ ബാഹ്യമായി കണ്ടാൽ നല്ല പ്രകടനങ്ങൾ അവരെ നല്ലവണ്ണം നമ്മൾ പരിശോധിച്ച് പഠിച്ചു ആണെങ്കിലോ അവർക്ക് ആശയങ്ങൾ മാത്രമേ അവർക്കുള്ളൂ അങ്ങനത്തെ തൊബ്ജിയത് ജമായത്ത് അങ്ങനെ അതുപോലെ തന്നെ മൂർജാ ഹിദ് പ്രസ്ഥാനങ്ങള് ജമായത്ത് ഇസ്ലാമി സമസ്തയിൽ നിന്നും വികഴിച്ചു പോയ പലരും ഇങ്ങനെ ഒരുപാട് സംഘടനകൾ വരുണ്ട് ഈ സംഘടനകളൊന്നും നിരാഹിയായ സംഘടന അല്ല അതുകൊണ്ടാണ് സമസ്ത കേളുടെ ജനീയത്തിലുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ നാട്ടമാണ് മഹാന്മാരാകുന്നതായ നമ്മളെ മനുഷ്യ പ്രസ്ഥാനങ്ങൾക്കും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കൊക്കെ അപ്പൊ അതിനൊക്കൊക്കെ രണ്ടാം സ്ഥാനം നമ്മൾ നൽകാൻ നൽകാൻ പാടുള്ളൂ എപ്പോഴും രണ്ടാം സ്ഥാനം നൽകാൻ പാടുള്ളൂ ആ നിലക്ക് സമസ്ത കേരള രമീയത്തിലെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കണം അതിന്റെ ഭാഗമായി കൊണ്ട് എസ് കെ എസ് എഫ് ചെയ്യുന്നതായ ഇതുപോലുള്ള പ്രവർത്തനങ്ങളൊക്കെ ആ നാടിന്റെ പല ഭാഗങ്ങളിലും എസ് കെ എസ് എഫിന്റെ ഗുഹികൾക്കുള്ള പ്രവർത്തനം വളരെ ശക്തമായ നിലക്ക് നല്ല പ്രവർത്തനമാണ് അവർ കാഴ്ചവെക്കുന്നത് അപ്പൊ അവരെ ഈ പ്രവർത്തനത്തിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം അവർക്ക് വളരെ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം എന്നിവിടെ കൂടിയ ഓരോരുത്തരോടും പ്രത്യേകിച്ച് മഹാന്മാരാവുന്ന നേതാക്കന്മാരോടൊക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിട്ട് മുഹമ്മദ് ആലാന്റെ മഹത്വാവുന്നതായ നാമത്തിന് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു അസ്സാം വലിക്കും വർഹമു